संहा संन इदा विनी भवानी ये रसि रसि खै संन आवेषी स्मत्र येतना आवे सो हन्दे सेत सो ना हिता हिष רוצ disappointment സഗറോചറചറചചലാ 숨 Think faith la renff അധനം ഋഷഭോ അഭിവാദ സത്യകാമാതിഹ പ്രതിശുശ്രാവ सुमि आचार्यकुम आचार्य सत्य उपनयन सत्यगाम अध्यन वेट സത്യം പറഞ്ഞു അതുകൊണ്ടൊക്കെ ചെയ്യിച്ചു വീഷി തമൂപനീയ കൃഷാനാം അബലാനാം ചതുശതാഗ്രാഹ നിരാകൃത്യ ധാരാളം ഗോപ്പളുണ്ടായിരുന്നു അതിന് കൃശമായ അബലമായ അതിനുണ്ടായിരുന്ന ഏറ്റവും മോശപ്പെട്ട നാനൂറ് പശുക്കളെ സത്യകാമനെ ഏൽപ്പിച്ചു സത്യകാമൻ പറഞ്ഞു നഹസഹ്രേണ അവിടുത്തെ ആയിരം തികയാതെ ഞാൻ മടങ്ങി വരില്ല എന്നിട്ട് ഈ പശുക്കളുമായി വനത്തിലേക്ക് പോയി അവിടെ തായ സഹസ്രം സംഭവ അതായിരം അറിഞ്ഞില്ല അപ്പോനും ഋഷഭോ അഭിവാദ ആ സമയത്ത് അതിൽ നിന്നും ഒരു ഋഷഭം കാള തം ഏനും ശ്രദ്ധ തപോപ്യം സിദ്ധം എന്ന് പറയുന്നത് സത്യകാമൻ സത്യകാമന്റെ ശ്രദ്ധയും തപസും കൊണ്ട് ശ്രദ്ധ തപസുകളിലൂടെ അയാൾ സിദ്ധനായി തീർന്നു വായുദേവത ദിക്സംബന്ധിനി തുഷ്ടം അനുപ്രവശ്യ അനുഗ്രഹായ ഹേനം വിഷബോധിവാദത ദിഗ്ദേവത വായുദേവത അത് ആ ദേവത ഋഷഭത്തിൽ പ്രവേശിച്ചിട്ട് ഋഷഭനിലൂടെ സംസാരിച്ചു അല്ലെങ്കിൽ ഋഷവ് സംസാരിക്കാറില്ലല്ലോ അതിന് കാരണമായി ഇവിടെ പറയുന്നത് എന്താണോ സത്യരാമിന്റെ തപസ്സും ശ്രദ്ധയുമാണ് ഗുരു നിർദ്ദേശിച്ചു ഈ പശുക്കളുമായി കാട്ടിലേക്ക് പോവുക അവിടെ ഗുരുകുലത്തിന് സ്വാധ്യായത്തിന് ചെയ്യുന്നതാണ് സ്വാധ്യായം അധ്യയനം കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ് അറിവ് നേടുന്നത് സത്യകാമൻ ഗുരുകുലത്തിൽ ചെന്നത് അറിവ് നേടാൻ വേണ്ടിയിട്ടാണ് പക്ഷെ അറിവ് നേടാൻ ചെന്നവനെ ഗുരു ഉപനയനം ജയിച്ചു അത്രമാത്രം അതിനപ്പുറം പ്രത്യേകിച്ച് ഒന്നും പഠിപ്പിച്ചില്ല വേദം സാറിന് ചൊല്ലി പഠിപ്പിക്കുകയാണ് പതിവ് അതൊന്നും ചെയ്യുന്ന ഇവിടെ മറച്ച് പ്രവൃത്തിയിലാണ് നിയോഗിച്ചത് അറിവ് ആഗ്രഹിച്ചു ചെന്നവന് കിട്ടിയതെന്താണ് പ്രവൃത്തിയാണ് പക്ഷെ അതിനെ എങ്ങനെ സത്യകാമൻ സ്വീകരിച്ചു അതാണ് നമ്മൾ പറഞ്ഞ ശ്രദ്ധാ തപോഭ്യാം ഗുരുവില്ല എന്ന ദേശത്തെ വളരെ ശ്രദ്ധയോടുകൂടി സ്വീകരിച്ചു എന്നിട്ട് ആ പശുക്കളെ നോക്കുക അതൊരു തപസ്സായിരുന്നു കാരണം വർഷങ്ങളോളം നാനൂറെണ്ണം അറുന്നൂറായി മാറുക അതിന് വർഷങ്ങൾ പിടിക്കും വർഷങ്ങളോളം ആ പ്രവൃത്തിയിൽ തന്നെ മുഴുകിയിരുന്നു ഇവിടെ പറയുന്നുണ്ട് എല്ലാ ദിവസവും പൈന്യ രാവുമ്പോൾ പശുക്കളെല്ലാം ഒരു സ്ഥലത്ത് കൂട്ടി മറ്റു മൃഗങ്ങളിൽ നിന്നൊന്നും അതിനാ അപകടം വരാത്ത അഗ്നിയെ ജ്വലിപ്പിച്ച് അങ്ങന ഗുരു ഉപനയനം എന്ന് പറഞ്ഞു ഉപനയനം ചെയ്യിക്കുമ്പോൾ അത്യാവശ്യം ഗായത്രി പോലെയുള്ള മന്ത്രങ്ങൾ ഉപദേശിക്കുകയും എങ്ങനെയാണ് ഹവനം നടത്തേണ്ടത് അങ്ങനെയുള്ള അത്യാവശ്യ കാര്യങ്ങൾ മനസ്സിലാക്കിപ്പിക്കും അതെല്ലാം മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ട് എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് ഇത് നിരന്തരം ഇത് അനുഷ്ഠിച്ചിരുന്നു പിന്നെ താമസം കാട്ടിലാണ് പശുക്കളുടെ കൂടെയാണ് ജീവിതം അതൊരു തപസ്സാണ് മറ്റൊന്നും ആഗ്രഹിച്ചില്ല സേവനം മാത്രം തപസ് ആചാര്യ കുലത്തിൽ അറിവ് നേടാൻ പോയ ആള് സേവനത്തിൽ മുഴുകി അതാണ് തപസ് ഇത് സാധാരണ സേവനത്തിന്റെ മഹത്വത്തെ കാണിക്കാൻ വേണ്ടി പറയുന്ന ഒരു ഭാഗമാണ് ശ്രദ്ധയുടെ ശ്രദ്ധാപൂർവകം തപശ്ചരത ഗാഹ്ചാര അരണ്യം തത്രതത്ര ഗാഹ്ചാരയിത അവനത്തിൽ ഓരോ ഭാഗങ്ങളിലും കൊണ്ടുപോയി പശുക്കളമേച്ച് അത് തന്നെയാണ് തപസ് സേവനം തന്നെ തപസ് പ്രത്യേകിച്ചൊരു തപസ് സാറിന് പറയുന്ന കൃത്രിം ചന്ദ്രായണം പോലെയുള്ള കഠിനമായ തപസ്സുകളൊന്നുമില്ല അതിൽ ദേവതകൾ തുഷ്ടരായി സന്തുഷ്ടരായി അവരോരോ പ്രാണികളുടെ രൂപത്തിൽ ഹംസം എന്ന് പറയുന്നു കാക്കയുടെ പറയുന്നു പല രൂപത്തിൽ ഉപദേശിച്ചു അപ്പം നിന്ന് മനസ്സിലാക്കുന്നത് ഒരു അവസാനം ഗുരു ഉപദേശിക്കുന്നുണ്ട് പക്ഷെ ഇവരുടെ എല്ലാ ഉപദേശം കൊണ്ട് തന്നെ ഇവിടെ ഉപദേശിക്കുന്നത് ഉപാസന മാർഗമാണ് ഉപാസന തന്നെ എന്താണ് പ്രകൃതിയെ തന്നെ ബ്രഹ്മമായിട്ട് ഉപാസിക്കുക അതാണ് ഇവിടെ ഉപദേശിക്കുന്നത് ഇടുക്കുകളെ ബ്രഹ്മമായിട്ട് ഉപദേശിക്കുക സൂര്യനെ ചന്ദ്രനെ അവസാന ശരീരത്തെ ശരീരഭാഗങ്ങളെ മനസ്സിനെ ഇന്ദ്രിയങ്ങളെ സമൃഷ്ടിരൂപത്തിലും മഷ്ടിരൂപത്തിലുമുള്ള ഈ പ്രപഞ്ചം ബാഹ്യപ്രപഞ്ചവും തന്റേതായ പ്രപഞ്ചം ഈ പ്രപഞ്ചത്തെ എല്ലാം ബ്രഹ്മമായി അതാണ് ഇവിടുത്തെ ഉപദേശത്തിന്റെ സാരം എല്ലാത്തിനെയും ബ്രഹ്മമായി ഉപദേശിക്കുക ബ്രഹ്മമായി ധ്യാനിക്കുക ഇവിടെ സത്യകാമൻ ജീവിക്കുന്ന പ്രകൃതിയിലാണ് ആ പ്രകൃതി തന്നെയാണ് ്രഹ്മം അതാണ് ഇവിടെ ശ്രുതി പറയുന്നത് അതിനെ തന്നെ ബ്രഹ്മമായി ധ്യാനിക്കുക അന്ന് വേറിട്ട് പ്രത്യേകിച്ചൊരു ദേവതയോ ദേവനെയോ ഒന്നുമല്ല അത് പ്രകൃതിയിൽ നിന്ന് തന്നെ പഠിക്കും പ്രകൃതി തന്നെ അത് ഉപദേശിക്കും ഇതെല്ലാം പ്രകൃതിയുടെ ഭാഗങ്ങളാണ് കാണുന്ന പശുവിന്റെ അപ്പൊ പ്രകൃതിയിൽ നിന്നുള്ള പാഠം അതാണ് ശ്രദ്ധയുടെയും തപസ്സിന്റെയും ഫലം സേവനം സമർപ്പണം ഇതെല്ലാം ആചാര്യകുലത്തിൽ വെച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള പാഠങ്ങൾ പ്രകൃതിയിൽ നിന്ന് ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് അതിന്റെ പൂർത്തീകരണമാണ് അവസാനം ഗുരു പറയുന്നു എന്നെ കണ്ടിട്ടൊരു ബ്രഹ്മജ്ഞാനിക്ക് പോലെയുണ്ട് നിന്നെ ആരാണ് ഉപദേശിച്ചത് പിന്നെ അടുത്ത് ഉപഗോസന്റെ സംഭവം പറയുമ്പോഴും ഇതുപോലെ തന്നെ അവിടെ അഗ്നികൾ യാഗശാലിയുടെ അഗ്നികളാണ് ദേവതാരൂപത്തിൽ ഉപദേശിക്കുന്നത് അഗ്നിയെ പരിചരിക്കുകയായിരുന്നു അവിടെ ശിഷ്യൻ അതാരാണ് സത്യകാമന്റെ ശിഷ്യൻ സത്യകാമൻ തന്റെ ശിഷ്യനും ഇത് തന്നെ ഉപദേശം വിദ്യയുടെ പൂർത്തി മാത്രം പൂർത്തീകരണം മാത്രമാണ് ഗുരുവിന്റെ ഉപദേശം അന്നത്തെ കാലത്ത് ഇതുപോലെ പുസ്തകം വെച്ച് പഠിക്കുക അതൊന്നും സംഭവിക്കുന്നില്ല കാരണം അന്ന് ഇതൊന്നുമില്ല പുസ്തകമില്ല പിന്നെ ആകെയുള്ളത് ഗുരു ഉപദേശിക്കുക വന്നിട്ടാണ് ഗുരുവിനുള്ള ഉദ്ദേശിക്കേണ്ടി വന്നില്ല എന്തുകൊണ്ട് പ്രകൃതി തന്നെ ഉപദേശിച്ചു പ്രകൃതിയിൽ നിന്ന് തന്നെ പാഠങ്ങൾ മനസ്സിലാക്കി പ്രകൃതിയാണ് ഏറ്റവും വലിയ ഗുരു ഇതിൻ്റെ ഒരു പതിപ്പാണ് ദത്താത്രേയെന്ന് ഗുരുക്കന്മാരുകളായി എന്നെല്ലാം പറയുന്നു പല സംഖ്യ അറിയുന്നുണ്ട് ദത്താത്രേയു പലതരത്തിൽ പ്രകൃതിയെ തന്നെ പഠിപ്പിച്ചു പ്രകൃതി പാഠങ്ങൾ ഉൾക്കൊണ്ടു അതിന്റെ ഒരു പൗരാണികമായ വിശദീകരണമാണ് ഇത് വൈദികം രണ്ടിടത്തും പറയുന്ന താല്പര്യം തന്നെ പ്രഥമമായ ഗുരു പ്രധാനപ്പെട്ട ഗുരു പ്രകൃതി തന്നെയാണ് പുസ്തകങ്ങളല്ല പ്രകൃതി തന്നെയാണ് ആചാര്യം ഗുരുവിന്റെ ആവശ്യമില്ല ഗുരുവിന്റെ ആവശ്യവും പക്ഷെ ആ വിദ്യയുടെ പൂർത്തീകരണം ഗുരുവിൽ സംഭവിക്കുന്നു അത് ഇവരെ സേവനം കൊണ്ട് മാത്രം പറ്റില്ല അതിൽ ശ്രദ്ധയും തപസ്സും ഉണ്ടാവും അതുകൊണ്ടാണ് പ്രത്യേകം ഭാഷകാരനു പറഞ്ഞത് ദക്ഷിണാദിക്കല ഉതീജി ദിക്കല യേശൈ സൗമ്യ ചതുഷ്കല പാദോ ബ്രഹ്മണ പ്രകാശവാൻ നാമ ഇവിടെ ദിക്കുകൾ ഉപാസിക്കുന്ന കാര്യം പറയുന്നു ദിക്കുകൾ ബ്രഹ്മത്തിന്റെ ഒരു പാദമാണ് അത് ഞാൻ ഉപദേശിക്കാം ബാക്കി മറ്റ് പ്രകൃതിയിൽ നിന്ന് പഠിക്കുക എന്നാണ് സത്യകാമനോട് പറയുന്നത് ദുഃഖിന് ബ്രഹ്മമായ ഉപാസിക്കാൻ പറയുന്നു അതിൻ്റെ ഫലവും പറയുന്നു സിദ് പാദം ബ്രഹ്മണ പ്രകാശവാൻ എുപാസ്തേ പ്രകാശവാൻ അസ്ൻ ലോകെതി ഏതാ पादम् चतुष्कल पाद प्रकाशवास्ते अग्निष्ठे पाद वत्ते सहसो भूते अस्थायाचकार अभी, अभी सायंबूवु ഉപസമാരുദ്ധം ഇതാണ് സത്യകാമന്റെ നിത്യാനുഷ്ഠാനം എന്ന് പറയുന്നത് ഇതാണ് പകൽ മുഴുവൻ പശുക്കളുടെ പിറകെ നടക്കുക അതിനെ സംരക്ഷിക്കുക വൈകുന്നേരം സായം വകുവോ എവിടെയാണോ എത്തിച്ചേരുന്നത് പശുക്കൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ അഗ്നിയെ ജലിപ്പിക്കുക പശുക്കൾ ഒരകിൽ സത്യകാമൻ അഗ്നിയുടെ മുമ്പിൽ കിഴക്കോട്ട് അവിടെ അഗ്നിടെ മുമ്പിൽ കിഴക്കോട്ട് തിരിഞ്ഞിരുന്നു ഹവിസ് തന്റെ ഹവനം ചെയ്യുന്നു ഗുരുകുലത്തിരുന്നു ആചാര്യൻ പറഞ്ഞുകൊടുത്ത അഗ്നി ഉപാസന അഗ്നി ഉപാസിക്കുക അതാണ് ഹവന ഇത്രയുമാണ് സത്യകാമൻ അനുഷ്ഠിച്ചിട്ടുള്ളത് അതിനപ്പുറമുള്ളതെന്താണ് തന്റെ ശ്രദ്ധ തന്റെ തപസ് അതിന്റെ ഫലമായിട്ടാണ് ബാക്കി സംഭവിക്കുന്നത് ഇത് തിരിച്ച് ആശ്രമത്തിന് പോവുകയാണ് മൂന്നാല് ദിവസത്തെ യാത്രയുണ്ട് ഓരോ ദിവസവും സന്ധ്യയാകുമ്പോൾ ഇതുവരെ ഗുരുവിലത്തിൽ മടങ്ങിപ്പോയിട്ടില്ല വശങ്ങളൊരുമിച്ച് കൂട്ടി അഗ്നിയെ ജലിപ്പിച്ചത് അഗ്നി ഉപാസിക്കുമ്പോഴാണ് പ്രകൃതിയിൽ നിന്നുള്ള ഈ ഉപദേശം ലഭിക്കുന്നത് അടുത്ത് പറയുന്നത് എന്താണോ ശുഭം പറഞ്ഞു ഇനി തന്നെ അഗ്നി ഉപദേശിക്കും എന്ന് പറഞ്ഞു പിന്നീടൊന്ന് ശബ്ദം ശബ്ദിച്ചില്ല കാള പിന്നീടൊന്നും പറഞ്ഞില്ല ഇനി നിനക്ക് ഉപദേശം കിട്ടുന്ന അഗ്നിയിൽ നിന്നാണ് സത്യകാമൻ പിന്നീട് അഗ്നിയുടെ ഉപദേശത്തെ പ്രതീക്ഷിച്ച് അടുത്ത സന്ധ്യയ്ക്ക് തം അഗ്നിയുടെ അഭ്യുവാദ സത്യകാമ ഇതീ ഭഗവതി ശ്രാവ വന്ന് അഗ്നിയെ ജലപ്പിക്കുമ്പോൾ അഗ്നിയാണ് വിളിക്കുന്നത് സത്യകാമ അഗ്നി സംസാരിക്കുക അവിടെ ഭാഷകാരം പറഞ്ഞതുപോലെ അഗ്നിദേവത അഗ്നി സംസാരിക്കത്തില്ല സത്യകാമന്റെ തപസിൽ സമർപ്പണത്തിൽ സേവനത്തിലെല്ലാം സന്തുഷ്ടനായി അഗ്നിദേവത തന്നെ സംസാരിക്കുകയാണ് സത്യകാമ ഇത് സത്യകാമെന്ന് വിളിച്ചു ഭഗവാ അനയോ ഭഗവാൻ എന്ന് മറുപടി പറഞ്ഞു ബ്രഹ്മണ സോമ്യത്തെ പാദംബ്രവാണീതി തസ്മേഹോ പൃഥി കലാ അന്തരിക്ഷം കലാ ദൗഹ കലാ സമുദ്ര കലാ ഏഷ വൈ സോമ്യ ചതുഷ്കലപാദോ ബ്രഹ്മണോ ഇവിടെ പറയുന്നെന്താണ് പൃഥ്വി അന്തരീക്ഷം സമുദ്രം ഇതിനെയൊക്കെ ബ്രഹ്മമായിട്ട് വാസിക്കാൻ പറയുന്നു പ്രകൃതിയുടെ അനന്തമായി ഭാവങ്ങളെ അനന്തമായി ബ്രഹ്മമായിട്ട് നീ ധ്യാനിക്കുക പ്രകൃതിയുമായി പ്രകൃതി തന്നെ ജീവിക്കുന്ന ഒരാളിനെ പ്രകൃതിയെ തന്നെ നിർദ്ദേശിക്കുന്നു ബ്രഹ്മമായിട്ട് ഉപാസിക്കുന്ന ഏതും വിദ്വാൻ ചതുഷ്കണം പാദം ബ്രഹ്മണോനു അനന്തവാൻ അസ്ൻ ലോകെതി അനന്തോഹ ലോകാഞ്ചേദി ഏതമേവം വിദ്വാൻ ചതുഷ്കലം പാദം ബ്രഹ്മണോ ചു നേരത്തെ പറഞ്ഞു ആ ദുഃക്ക് ഉപാസിക്കുന്നവൻ പ്രകാശവാനായിത്തീരുന്നു ഈ അനന്തത്തെ ഇതെല്ലാം അനന്തമാണല്ലോ ദിവന്തരീക്ഷം പൃഥിവി സമുദ്രം അനന്തമായ ഇതിനുപാസിക്കുന്നവൻ അനന്തവാനായിത്തീരുന്നു അതെന്റെ ഫലത്തെ പറയുന്നു എന്നിട്ട് എന്നിട്ട് പറയുന്ന എന്താണ് ഇനി തന്നെ ഉപദേശിക്കുന്നത് ഹംസമാണ് ഇവിടെ ഹംസത്തിന് ഭാഷകാരനടം പറയുന്ന ആദിത്യൻ എന്നാണ് ഇനി ആദിത്യദേവത വേദത്തിൽ ആദിത്യനു ഹംസം എന്നുള്ള പദം സാധാരണ ഉപയോഗിക്കാറുണ്ട് ആദിത്യനെന്ന് ഉപദേശിക്കും ഹംസസ്തേ പദം ഭക്തേ तत्र सहस्रोभते ग्रपयाचकार य सायंबभू तय घ उप्य सीधम प्रा, उपोपवेशा, तम हमस उपनिपतिया अभिवाद सत्यमी भगवैतिशुश्रावा ब्रह्मण सौम्य पाद ब्रवाणी ब्रवीत में भगवानिदी तस्मेंच अग्निकला सूर्य कला ചതുഷ്കലപ്പാദോ ബ്രഹ്മണോ ജ്യോതിഷാമാറഞ്ഞു അഗ്നി സൂര്യൻ ചന്ദ്രൻ വിദ്യുത് ഇതിനെല്ലാം ബ്രഹ്മമായിട്ട് വാസിക്കുക ഇതാണ് സംസ്ഥാനത്തിന്റെ ഉദ്ദേശം ഇതെന്താണ് ജ്യോതിഷ രൂപമാണ് നീ ജ്യോതിഷ്മാനായിത്തീരും एदमें विद्वा चतुष्खल पाद ब्रमणो ज्योतिष्माुपस्ते जोष जोतिष्दोहलोका येदमें विद्वा चतुषंपाद ज्योतिष्माुपस्ते मद्गुे पाद वक् सह शोभि गा अभिप्रपयाचकार बूत्र अग्नि उपस्य सीधम अग्नेहे पश्चा ശ മദ്ഗുനിപത്യ അഭിവാദ സത്യകൃതി ശുശ്രാവ ബ്രഹ്മണ സോമ്യത്തെ പദംബ്രവാണീതി മേ ഭഗവാതി തസ്മ ഉച്ച പ്രാണഹക്കല ചുഃക്കല ശ്രോത്രം കല മനഃക്കല യശവൈസമ്യ ചതുക്കലല പദോണ ആയത സേദമ വിദ്വാൻ ചതുഷ്കലം പാദം ബ്രഹ്മണ ആയത വെള്ളത്തിൽ കിടക്കുന്ന കാക്ക അതാണ് അടുത്ത് ഉപദേശിക്കുന്നത് എന്താണ് പറയുന്നത് മുമ്പ് ഉപദേശിച്ചല്ല ഈ സമഷ്ടി പ്രപഞ്ചത്തെ ബാഹ്യമായി കാണുന്ന ഈ പ്രപഞ്ചത്തെ ബ്രഹ്മമായി ധ്യാനിക്കാനുള്ള അടുത്ത് പറയുന്നു പ്രാണൻ ചക്ഷു ശ്രോത്രം മന ഇതെല്ലാം ഇതിനെ ബ്രഹ്മമായിട്ട് ഉപാസിക്കുക ഇത് ബ്രഹ്മത്തിന്റെ ഒരു പാദമാണ് ബ്രഹ്മത്തിന്റെ ഒരു ഭാഗമാണ് അപ്പോൾ ബാഹ്യവും ആന്തരികവുമായി പ്രകൃതി ഈ കാണുന്നതെല്ലാം ബ്രഹ്മോപാസനയ്ക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്ന പലയിടത്തും എന്താണ് ഈ സൃഷ്ടി എന്തിനുവേണ്ടി സൃഷ്ടി ഉണ്ടായി ഈ സൃഷ്ടി ആ ബ്രഹ്മധ്യാനത്തിന് വേണ്ടിയിട്ടാണ് ഇതിനെ സൃഷ്ടിച്ചിരിക്കുന്നത് ഇതിന്റെ ആത്യന്തികമായ ഉപയോഗം എന്ന് പറയുന്നത് കേവലം സൃഷ്ടിയെ പൂർണമായും ബ്രഹ്മത്തിന്റെ പ്രതീകമായി സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു ജിജ്ഞാസ് സത്യകാമനെ പോലെ ശ്രദ്ധയും തപസ്സുമുള്ളവൻ അവൻ ഈ ബ്രഹ്മത്തെ ഉപാസിക്കുന്നതിന് ഈ ആന്തരികവും ബാഹ്യവുമായി പ്രകൃതിയെ തന്നെ പ്രതീകമായി സ്വീകരിക്കുന്നു ഉപാസിക്കുന്നു അതിന്റെ ഫലവും പറയുന്നു ഇത്രയും വഴിക്ക് ഉപദേശം കിട്ടി ഷഭം അഗ്നി ഹംസം മത് ഇത്രയും പേരുപദേശിച്ചു കഴിഞ്ഞപ്പോ ആചാര്യകുലത്തിലെ പ്രാപാര്യകുലം തമാചാര്യോ അഭ്യുവാദ സത്യ കാമാഗവൈതിഹ പ്രതിശുശ്രാവ भगवान ब्रुया, സന്തുഷ്ടനായി സത്യകാമ എന്ന് വിളിച്ചു എന്താണ് പറയുന്നു ബ്രഹ്മവിധി വൈസ്വാമ്യഭാസി എന്നെ കണ്ടിട്ട് ഒരു ബ്രഹ്മജ്ഞാനിപ്പോലെ പോകുന്നു തോന്നുന്നു എന്ന് എന്താണ് ബ്രഹ്മവിധ വൈസ്വാമ്യഭാസി പറയുന്നു പ്രസന്ന പ്രഹസിത വദനശ് നിശ്ചിന്ത കൃതാർത്ഥവും ഇതൊക്കെയാണ് ലക്ഷണം കണ്ടത് ബ്രഹ്മവിദ് ഭവതി പ്രസന്നേന്ദ്രിയ പ്രസന്നമായ ഇന്ദ്രിയങ്ങളോടുകൂടിയിരിക്കുന്നു അവന്റെ കർണങ്ങളെല്ലാം വളരെ പ്രസന്നമായിരിക്കുന്നു പ്രഹസിത വസന ഇത്രയും കാലം വനത്തിൽ ഈ പശുക്കളെയും കൊണ്ടു നടന്ന് അതിൻ്റെ ദുഃഖമൊന്നുമില്ല എന്നെ ആചാര്യൻ ഇവിടെ വന്നിട്ട് ഉപദേശിച്ചില്ല ഒന്നും പഠിപ്പിച്ചില്ല വേദം ചൊല്ലിത്തന്നില്ല സേവനത്തിനാണ് നിയോഗിച്ചത് അങ്ങനെയുള്ള പരിഭവം ഒന്നും സന്തുഷ്ടനാണ് നിശ്ചിന്ത ഇത്രയൊക്കെ ചെയ്തിട്ട് ഇത്രയും സേവനം ചെയ്ത് തിരിച്ച് ഗുരുകുലത്തിൽ വന്ന് മനസ്സിൽ വ്യാകുലതയില്ല എന്നെ അടുത്ത മഠാധിപതിയാക്കുമോ അങ്ങനെയുള്ള ചിന്തയൊന്നും മനസ്സിലില്ല ഒരു ചിന്തയില്ല നിശ്ചിന്ത കൃതാർത്ഥ അത് മാത്രമല്ല കൃതാർത്ഥനായിരിക്കുന്നു നേടേണ്ടതെല്ലാം നേടിയതുപോലെ ഇരിക്കുന്നു ഇത് സാധാരണ സംഭവിക്കത്തില്ല ഇന്നുകൊണ്ട് ഗുരുക്കന്മാർ ഗുരുകുലങ്ങളുണ്ട് സേവനം ചെയ്യുന്നവരുണ്ട് പക്ഷെ ഇത് കാണാനില്ല എന്താണ് പ്രസന്ന ഇന്ദ്രിയ പ്രഹസിതപതന നിശ്ചിന്ത കൃതാർത്ഥത അതാരൊക്കെ അനുഭവിക്കാൻ കഴിയുന്നില്ല ബ്രഹ്മവിത് ഇതൊക്കെയാണ് ബ്രഹ്മവീർത്തിന്റെ ലക്ഷ്യം ബ്രഹ്മജ്ഞാനിയായി ഗുരു എന്താണോ പ്രത്യേകിച്ച് ഒരു പുസ്തകവും പഠിപ്പിച്ചില്ല അതിൻ്റെ ഒന്നും ആവശ്യമൊന്നും ശിഷ്യൻ യോഗ്യനാണെങ്കിൽ ഗുരുവിന് പ്രത്യേകിച്ചൊന്നും പഠിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നാൽ ശ്രദ്ധയും തപസ്സുമുള്ളവനാണ് എല്ലാം ശിഷ്യന് വെളിപ്പെടും അവിടെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ ഇതൊക്കെ ആവശ്യമായി വരുന്നതുകൊണ്ടാണ് ശിഷ്യന്മാർക്ക് യോഗ്യതയില്ലാതെ വരുന്നതെന്ന് സേവനമുണ്ടെങ്കിലും അതിവിടെ തപസ് വരത്തില്ല ശ്രദ്ധ വരത്തില്ല അങ്ങനെ വരുമ്പോൾ അങ്ങനെ ഒന്നു കഴിഞ്ഞാൽ പിന്നെ ഗുരുവിന് സ്വയം അവന് സിദ്ധമായ വിദ്യയുടെ ഗുരുവ് വേണ്ടെന്നൂടെ പറയുന്നു ഇവിടെ സത്യകാമനും പറയുന്നു ഇതിനാരുന്നു പറയുന്നു എന്ന ഒരു മനുഷ്യനും ഉപദേശിച്ചിട്ടില്ല അന്യ മനുഷ്യർ മനുഷ്യരുന്നു എന്നെ ഉപദേശിച്ചിട്ടില്ല എന്താണ് ഹംസവും കാളയും പക്ഷിയും പ്രകൃതിയാണ് എന്നെ ഉപദേശം അവിടെ മനുഷ്യരൂപത്തിലുള്ള ഒരു ഗുരുവിൻ്റെ ആവശ്യമേ വന്നില്ല പക്ഷെ പറയുന്നു എന്നാലും അങ്ങെൻ്റെ ആചാര്യനാണ് ഇങ്ങയുടെ ആജ്ഞയെ പാലിച്ച് അതുകൊണ്ടാണ് എനിക്ക് ജ്ഞാനം പ്രാപ്തമായത് എന്നെ സന്തുഷ്ടരായിട്ടാണ് പ്രകൃതി തന്നെ എന്നെ ദേവതാരൂപത്തിൽ ിച്ചത് ഇദ്ദേഹപ്രതിജ്ഞ പറയുന്നു ഇനി ആചാര്യം സംശയിച്ചാകും ഇവൻ മറ്റേതെങ്കിലും ആചാര്യന്മാരെ അടുത്ത് പോയി ഇനി വിജയവെല്ലാം പഠിച്ചോ ഞാനിത് സേവനം ചെയ്യാൻ പറഞ്ഞു അപ്പൊ അങ്ങനെയുള്ള ആശ്രമത്തിൽ വന്നിട്ട് ഗുരു എന്തെങ്കിലും സേവനം ചെയ്യാൻ പറയുമ്പോ ഇതിനല്ലോ ആശ്രമത്തിൽ വന്നത് ആശ്രമത്തിൽ വന്നത് ഈശ്വരനെ കാണാൻ വേണ്ടിയിട്ടാണ് അതിനൊരു ഉത്തമനായ ഗുരുവിനെ അന്വേഷിച്ച് ആണ് നടന്നത് അങ്ങനെ ഒരു ഉത്തമനായ ഗുരു എന്നുള്ള വിശ്വാസത്തിലാണ് ആശമ്മതി ചെന്നത് ഗുരു എന്താ പറയുന്നത് ശരി ഇവിടെ സേവനമാണ് ഇത് ചെയ്യുക അപ്പോൾ മനസ്സിലാദ്യം വരുന്ന എന്താണ് പ്രതിഷേധം എന്തായാലും നോക്കാൻ തൽക്കാലം എങ്ങനെയാണ് എത്ര ദിവസം ഇത് പോകും അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല ഗുരു സേവനത്തിൽ തന്നെ നിയോഗിക്കുകയാണ് ശരി എന്നാൽ ഇത് പെട്ടിട്ട് ഇനി വേറെ ഗുരുവിനെ നോക്കാം എന്നാ എന്തുകൊണ്ട് താൻ ഉത്തമനാണ് തനിക്ക് നേരിട്ട് ഈശ്വര സാക്ഷാത്കാരമാണ് വേണ്ടത് അതിന് ഗുരു സഹായിക്കുന്നില്ല ഇതാണ് സാധാരണ ശിഷ്യന്മാർ വിചാരിക്കുന്നത് എല്ലാ ശിഷ്യന്മാരും സ്വയം കരുന്നത് ഉത്തമനാണ് എന്നാണ് താൻ യോഗ്യനായ ശിഷ്യനാണ് അതുകൊണ്ടാണല്ലോ ഉത്തമനായ ഗുരുവിനെ അന്വേഷിച്ച് നടക്കുന്നത് സ്വയം ഗുരുവിന് താൻ ഉത്തമനാണെന്ന് ബോധ്യമില്ലെങ്കിൽ എങ്ങനെ ഒരാൾ ഉത്തമനായ ഗുരുവിനെ അന്വേഷിച്ചു കിടക്കുന്നു ശ്രേഷ്ഠനായ യോഗ്യനായ ഗുരുവിനെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ആദ്യം എനിക്ക് തോന്നുന്നു ഞാൻ ഉത്തമനാണ് യോഗ്യനാണ് എനിക്ക് ഉത്തമനായ ഗുരുവിൽ പറ്റും കുറഞ്ഞ ഗുരുക്കന്മാരൊന്നും ശരിയാകത്തില്ല പക്ഷെ സത്യകാമൻ അങ്ങനെയൊന്നും സത്യമാൻ ഗുരു പറഞ്ഞു അനുസരിച്ചു ഇന്നത്തെ കാലത്ത് ആരോടെങ്കിലും ഗുരുവിൽ എത്തി ചെല്ലുമ്പോൾ ആടിനെ മേക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി ആടിനെ മേക്കും ഇനി എന്നാൽ ആനയെ കിട്ടുന്നെന്നുള്ള ആനയെ കിട്ടിയില്ലെങ്കിൽ ഗുരുവിന്റെ അടുത്ത് പറയും പിന്നീട് കാണാം സലാം പറയും ഇവിടെ അങ്ങനെ ഉണ്ട് ഇവിടെ ദേവതകൾ തന്നെ അ ശ്രദ്ധയിൽ തപസ്സന്തുഷ്ടരായി ദേവതകൾ തന്നെ ഉപാസിക്കും അതുകൊണ്ട് പറയുന്നു അന്യെ മനുഷ്യ ഭഗവാൻ മനുഷ്യരല്ല എന്നെ ഉപദേശിച്ചത് മനുഷ്യരാരും എന്നെ ഉപദേശിച്ചിട്ടില്ല അതുകൊണ്ട് എന്റെ ആഗ്രഹമാണ് എന്താണെങ്കിൽ അങ്ങയിൽ നിന്ന് എനിക്ക് ഉപദേശം പറ്റണം അവരെല്ലാം ഉപദേശിച്ചെങ്കിലും അങ്ങയുടെ ഉപദേശമാണ് ഗുരുവിനധികം ഒന്നും ചെയ്യാനല്ല ശിഷ്യൻ ഗുരുവിന്റെ ആജ്ഞയെ പരിപാലിച്ച് ആ പാകതയെ നേടിക്കഴിഞ്ഞാൽ അതുകൂടെ മുഖം ഗുരുവിനധികം ജോലിയൊന്നുമില്ല എന്തുകൊണ്ട് പറയുന്നു പറയും ഇത് സത്യകാമനൊന്നും അറിയാൻ വയ്യാത്തതുകൊണ്ടല്ല സേവനം ചെയ്യുന്നതും മണ്ടന്മാരായതു കൊണ്ടല്ല ബുദ്ധി ഇല്ലാത്തവർക്ക് വേണ്ടി ഉണ്ടാകില്ല സത്യകാമൻ അതിലൂടെ തന്നെ എല്ലാം അറിഞ്ഞു അതൊതുപോലെ ശ്രുതംഹേവേ ഭഗവേഭ്യ ആചാര്യ വിദ്യം പ്രാവത്തിവോചനക്കിഞ്ചന വിയാതി അപ്പൊ ഇവിടെ സത്യകാമൻ എന്താണ് പറയുന്നത് അശ്വതം ഹീമമേ ഞാനിത് കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ സത്യകാമൻ ഇവിടത്തും പോയി വന്നു തപസ് മാത്രമേ അനുഷ്ഠിച്ചുള്ളൂ സേവനം മാത്രമേ അനുഷ്ഠിച്ചുള്ളൂ പക്ഷേ പറയാണ് ഞാനിതെല്ലാം കേട്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ അറിയേണ്ടതെന്നാണ് അറിഞ്ഞു കഴിഞ്ഞു സത്യം എന്താണ് കേട്ടിട്ടുള്ളത് ഭഗവത്ഗ്രസേ ആചാര്യ അങ്ങേപ്പോലുള്ള ആചാര്യന്മാർ പ്രകൃതിയിൽ തന്നെ എനിക്ക് വേണ്ട പാഠങ്ങളെല്ലാം തന്നു എന്താണ് അങ്ങേപ്പോലുള്ള ആചാര്യന്മാർ ശ്രേഷ്ഠന്മാരായ ആചാര്യന്മാര് വിദ്യാവിദ്യ അവരിൽ നിന്നാണ് ഈ വിദ്യ നേടേണ്ടത് അതിൽ നിന്നാണ് വിദ്യ പ്രാപിക്കേണ്ടത് അങ്ങനെ വന്നാൽ സാധിഷ്ടം പ്രാപത് ആ വിദ്യ പൂർണതയെ നൽകുന്നത് ഞാൻ വേണ്ടതെന്ന അറിഞ്ഞിട്ടുണ്ട് എന്നാലും ആ ഗുരുവിൽ നിന്ന് കിട്ടുന്ന ആ വിദ്യയാണ് ആ വിദ്യയുടെ പൂർണ്ണതയെ ചെയ്യുന്നത് അപ്പോ ഇവിടെ ആചാര്യൻ മനസ്സിലാക്കി ഇവനെ വിദ്യയെ ഉപദേശിക്കാൻ സമയമായിരിക്കുന്നു ആദ്യം തന്നെ ആശ്രമത്തിൽ വന്നപ്പോ തന്നെ അവനെ ഉപദേശിച്ചിരുന്നെങ്കിൽ അതവൻ കാര്യമായ പ്രയോജനം ചെയ്യുമായിരുന്നില്ല എന്നുകൊണ്ടവനു അവന് പാകത വന്നിരുന്നു അവനതിന് അധികാരിയായി പക്ഷേ ഇപ്പോൾ അവൻ സ്വയം അതിനധികാരിയായി അതിന് ശ്രദ്ധ ഉണ്ട് അതുകൊണ്ടാണ് പറയുന്നത് എന്താണ് ആചാര്യനിൽ നിന്നും ഈ വിദ്യ ഗ്രഹിക്കണം ഭഗവത് ദൃശ്യം ആചാര്യ ഇത് പലതും ഉദ്ധരിക്കുന്നവണ് വിദ്യ സ്വാദിഷ്ടം പ്രാപ്ത അങ്ങേപ്പോലുള്ളവരിൽ നിന്ന് ഈ വിദ്യ സ്വീകരിച്ചാലേത് പൂർണ്ണമാകത്തുള്ളൂ ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു ആചാര്യൻ അതേ വിദ്യ തന്നെ ഉപദേശിച്ചു സത്യകാമൻ തസ്മിഹ ഏതദേവച എന്ന് പറയുന്നു സത്യകാമൻ എന്താണോ നമ്മൾ ഗ്രഹിച്ചത് കാരണം വിദ്യയ്ക്ക് മാറ്റമൊന്നുമില്ല ഒന്ന് തന്നെ ഏതാചാര്യ കുലത്തിൽ പോയാലും ഏത് സമ്പ്രദായത്തിലായാലും ആത്യന്തികമായും ഒരു വിദ്യ തന്നെ ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള വിദ്യ തന്നെ ഉപദേശിക്കുന്നു അതുകൊണ്ട് അതേ വിദ്യയെ തന്നെ ഉപദേശിച്ചു കൂടുതലൊന്നും പറയാനുണ്ടായിരുന്നില്ല അറിഞ്ഞതിൽ കൂടുതലും എന്തിനു പറയുന്നു അതിൻ്റെ പൂർത്തിക്ക് വേണ്ടി എന്താണോ നിഞ്ചന വിയായ അതിലൊരക്ഷരം പോലും വിടാതെ അങ്ങനെ പൂർണ്ണമായും സാകല്യേന അങ്ങനെ ആ വിദ്യയെ പൂർണമാക്കി അവസാനം ആചാര്യന്റെ ഉപദേശത്തിലൂടെ സത്യകാമന്റെ വിദ്യ പൂർണ്ണമായി അപ്പൊ വിദ്യയെ പ്രാപിക്കുന്നതിനുള്ള മുഖ്യമായ ഉപായം ശ്രദ്ധ തപസ് സേവനം സമർപ്പണം ഗുരുവിലുള്ള ഇതാണ് ഇത് കഴിഞ്ഞ് മറ്റെല്ലാമാകുന്നുള്ളൂ എന്നുള്ള ഒരു വലിയ പാഠമാണ് ഈ മന്ത്രത്തിലൂടെ ശ്രുതി നൽകുന്നത് പിന്നീടുത്ത് ഇതുപോലെയുള്ള ഒരു വിദ്യ ഉപദേശത്തെക്കുറിച്ച് പറയണം ഉപകോസലോഹ വൈ കാമലായന സത്യകാമേ ജാപാല ബ്രഹ്മചര്യൂപാസ തസ ദ്വാദശ വർഷാണി അഗ്നിൻ പരിചചാര സഹസ്മാ അനാൻ അന്ദേവാസിന് സമാവർത്തയൻ സമാവർത്തീ സത്യകാമൻ ഗുരുകുലത്തിൽ നിന്ന് അവസാനം ഗുരുവായി മാറി ആചാര്യത്തിന് ശേഷം ആ ഗുരുകുലത്തിന്റെ അധിപനെ സത്യകാമൻ സത്യകാമന്റെ അടുത്ത് ധാരാളം പേര് വിദ്യാഭ്യസിക്കുന്നതിന് വേണ്ടി വന്നു ഓരോരുത്തരുടെയും ഗുരു സ്വീകരിക്കുന്നത് അവരവരുടെ യോഗ്യതയ്ക്കനുസരിച്ചിട്ടാണ് സത്യകാമൻ ഗുരുവിന്റെ അടുത്ത് ചെന്നപ്പോ സത്യകാമന് വേണ്ട വഴിയാണ് നിർദ്ദേശിച്ചത് ഉപദേശിച്ചത് സത്യകാമന്റെ അടുത്ത് ഉപഗോസലൻ കാമലായൻ എന്ന് പറയുന്ന ആണ് കമലന്റെ പുത്രൻ കാമലായനൻ അവിടെ ധാരാളം പേരുണ്ടായിരുന്നു അതിൽ ഒരാൾ അവിടെ ബ്രഹ്മചര്യം ബ്രഹ്മചര്യ ഉപവാസമെന്ന് വെച്ചാൽ അവിടെ വേദം പഠിപ്പിച്ച സത്യം എത്ര ദ്വാദശ വർഷം ദ്വാദശാബ്ദത് വിദ്യ വിദ്യ സ്വായത്തമാകണമെങ്കിൽ അതിന് പന്ത്രണ്ട് വർഷം വേണമെന്നാണ് പഴയ കണക്ക് അത് ഈ പറയുന്നത് പോലെയുള്ള ശ്രദ്ധാ തപസുകളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ സാധിക്കും അതൊന്നുമില്ലെങ്കിൽ പന്ത്രണ്ടല്ല ഇരുപത്തി ആറ് വർഷമായാലും ചിലപ്പോ ഒന്നും സാധിച്ചില്ലെന്നും വരും എന്നാണ് പൊതുവെ പറയുന്നതാണ് ദോദശാബ്ദം വിദ്യ വിദ്യ പന്ത്രണ്ട് വർഷം കൊണ്ട് നേടാവുന്നതാണ് അതുകൊണ്ട് പഴയകാലത്ത് ആചാര്യകുലങ്ങളിൽ അങ്ങനെയൊരു നിയമം വെച്ച് പന്ത്രണ്ട് വർഷം കഴിക്കുക അത് കഴിഞ്ഞ് സമാവർത്തനം നടത്തുക എന്നുവെച്ചാൽ ഗുരുകുലത്തിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോയി ധർമ്മത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചടങ്ങ് ബിരുദ അത് വിദ്യാർത്ഥികളെല്ലാം മടക്കിവിട്ടു പക്ഷെ ഒരാളെ മാത്രം ഉപകോശലിന് മാത്രം സത്യകാമൻ മടക്കിയില്ല പ്രവാസാഞ്ചക്രൈ സാധാരണഗതിയിൽ പന്ത്രണ്ട് വർഷം ഗുരുകുലത്തിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ സാറിന് അഞ്ച് വയസ്സ് പത്ത് വയസ്സിനകം ഗുരുകുലത്തിലെത്തി പിന്നെ ഒരു പന്ത്രണ്ട് വർഷം ഇപ്പൊ എന്തായാലും ഇരുപത് വയസ്സിനകം അല്ലെങ്കിൽ ഇരുപത് വയസ്സിനോട് അടുപ്പിച്ച ഒരാൾക്ക് ഗുരുകുലത്തിൽ നിന്ന് മടങ്ങി വരാം പക്ഷേ സത്യകാമൻ തന്റെ ശിഷ്യനായ ഉപകോസനെ മടക്കിവിട്ടില്ല സമാവർത്തനം ചെയ്യിച്ചില്ല മറ്റുള്ളവരെന്നെ അത് ചെയ്യിച്ചു മടക്കിവിട്ടു സ്വാഭാവികമായിട്ട് ഉപകോസനെ ചിന്തിച്ചിരിക്കും എന്താ എന്നോട് എന്നെ മാത്രം സമാ ബിരുദദാനം നടത്തിയില്ലാതെ എന്തുകൊണ്ടാണ് ഇത് അറിഞ്ഞുകൊണ്ട് സത്യകാമന്റെ ഭാര്യ സത്യകാമനെ സമീപിച്ച് ഷീപത്നി പറഞ്ഞു ഈ ബ്രഹ്മചാരി വളരെ നല്ല രീതിയിൽ അഗ്നി പരിചരിച്ചാരാ അഗ്നിയെ പരിചരിച്ചു ഗുരുകുലത്തിൽ ശിഷ്യന്റെ മുഖ്യമായ ജോലി അന്ന് അഗ്നിയെ പരിചരിക്കുക അഗ്നിയെ പരിചരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ ഹവനം ചെയ്യുന്ന അഗ്നിയെ ഒരിക്കലും അണയാതെ സൂക്ഷിക്കുക അതാണ് അഗ്നിയെ അണയാതെ സൂക്ഷിക്കുന്നതിന് അഗ്നിയുടെ അടുത്ത് പോയിരുന്നാ മറിച്ച് എല്ലാ ദിവസവും മനത്തിൽ പോകണം ധാരാളം വിറവ് കൊണ്ടുവരണം പ്രകൃതി എങ്ങനെയൊക്കെ ആയാലും ശരി അഗ്നി അണയാത്ത രീതിയിൽ വിറവ് കൊണ്ടുവന്നു അഗ്നിയെ ജ്വലിപ്പിക്കണം അതൊരു ജോലിയാണ് കാട്ടിൽ വിശുപ്പ് ഇവ പറയുന്നു അങ്ങ് ഇത് ചെയ്തു കഴിഞ്ഞാൽ ഈ ബ്രഹ്മചാരിയോട് അങ്ങുപേക്ഷി വിചാരിച്ചു കഴിഞ്ഞാൽ ഈ അഗ്നികൾ തന്നെ പരിഭവിക്കും അഗ്നികൾ വെറും ജഡമായ പ്രകാശമുള്ള ദേവതകളാണ് ആ ദേവതകൾ തന്നെ അങ്ങയോട് കോവിക്കും പരിഭവം വിചാരിക്കും കാരണം അത്രമാത്രം എന്താണ് അഗ്നി പരിചയച്ച ഈ അഗ്നികളെ അവൻ പരിചരിച്ചവനാണ് ഇത്ര സേവനം ചെയ്തവനാണ് ഇത് പറഞ്ഞിട്ട് സത്യകാമന് മൈൻഡ് ചെയ്തില്ല അപ്രോച്ച് ചെയ്യുക മറുപടി ഒന്നും പറഞ്ഞില്ല സ്ഥലം വിട്ടു വേറെന്തോ കാര്യത്തിന് വേറെ എവിടെ പോകണമായിരുന്നു ആ യാഗമോ മറ്റോ നടത്താൻ അതുകൊണ്ട് എന്ത് ചെയ്തു ശിഷ്യനെയും ശ്രദ്ധിച്ചില്ല ഭാര്യ പറഞ്ഞ ആവലാതെയും കേട്ടില്ല സ്ഥലം വിട്ടു അനശിദം ദ്രേ തം ആചാര്യജാ ഉചാരശ്നസീതി സഹോവാച ബഹവ ഇമേ അവിൻപുരുഷേ കാധി പ്രതിപൂർണോ അസ്മീഷ്യാമീ പക്ഷെ ഉപ്പക്കോസന് പ്രയാസമായി ഗുരു തന്നെ ശ്രദ്ധിച്ചില്ല ഗുരു പത്നി പോയി ഗുരുവിനോട് പറഞ്ഞു എന്നിട്ടും ഗുരു മറുപടി പറഞ്ഞില്ല പോയി ദുഃഖമായി എന്താണ് ദുഃഖം കാരണം താൻ ചെയ്ത സേവനത്തിൽ താൻ ഇത്രയും കാലം പന്ത്രണ്ട് വർഷം ചെയ്താൽ ഇതിന് എന്തെങ്കിലും ന്യൂനത വന്നു അങ്ങനെ ചിന്തിച്ചിരിക്കാം എന്നിലുള്ള എന്തെങ്കിലും പോരായ്മ കൊണ്ടാണ് ഗുരുവിനെ ഉപദേശിക്കാത്തത് അല്ലെങ്കിൽ മറിച്ചാകാൻ വഴിയില്ല മറ്റില്ല എല്ലാവരെയും ഉപദേശിച്ചു താൻ നല്ലവണ്ണം സേവനമെല്ലാം ചെയ്തവനുമാണ് തന്നെ ഒരു ന്യൂനതയും വന്നില്ല ഈ ചിന്ത പോയി ഭക്ഷണം കഴിച്ചില്ല ചിന്താകുലനായി കണ്ട് സ്നേഹം കൊണ്ട് കാരുണ്യം കൊണ്ട് ഗുരുപത്നിയെന്ന് ചോദിച്ചെന്താ കിന്നുന്ന അശ്വിനാസി എന്താ ഭക്ഷണമൊന്നും കഴിക്കാതിരിക്കുന്നത് ദുഃഖം കൊണ്ടാണോ പറയുന്നു എൻ്റെ മനസ്സിൽ പല ചിന്തകളുണ്ട് എൻ്റെ മനസ്സ് വളരെ ദുഃഖിക്കുന്നു എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല എനിക്കും ആഗ്രഹങ്ങളുണ്ടെന്താണോ വിദ്യ പൂർത്തിയായി ഗുരുവിന്റെ അനുഗ്രഹാശസ്സുകളോടുകൂടി തിരിച്ച് ഗ്രഹത്തിലേക്ക് മടങ്ങിപ്പോവാണ് നമ്മുടെ ധർമ്മത്തെ അനുഷ്ഠിക്കണം ഇത്തരം കാര്യങ്ങളൊക്കെ എന്റെ മനസ്സിലുണ്ട് പക്ഷെ ഗുരു അസന്തുഷ്ടനാണ് അതുകൊണ്ടാണ് എന്നെ എന്ന് ധരി കരിയാൾ ദുഃഖിച്ചു അഗ്നേഹ സമൂതിരി തപ്തോ ബ്രഹ്മചാരി ീസ് ഇവിടെ എന്താണ് ആചാര്യൻ ശിഷ്യനെ ഉപേക്ഷിച്ചത് വാസ്തവത്തിൽ ഉപേക്ഷിക്കുകയല്ല ഈ ശിഷ്യൻ പരമയോഗ്യനാണ് അതുകൊണ്ടിന് പരമമായ വിദ്യ തന്നെ ലഭിക്കണം മറ്റുള്ളവർക്ക് ബിരുദം കൊടുത്ത് പറഞ്ഞു ചേച്ചു പക്ഷെ ഇയാളതുപോലെ ഇയാൾ യോഗ്യനാണ് ഗുരു അതിനൊരവസരം ഒരുക്കുകയാണ് പൂർണ്ണമായ ജ്ഞാനം പ്രാപിക്കുന്നതിന് വേണ്ടി ഒരവസരം ഗുരുക്കമ്മതാജി അവരെ അഭയം പ്രാപിക്കുന്നവർക്ക് വേണ്ടി അവസരങ്ങൾ കൊടുക്കുകയാണ് അവസരങ്ങളിൽ അവരവസരത്തിനനുസരിച്ച് പ്രവർത്തിച്ച് അവിടെ നേടേണ്ടത് നേടണം ഇവിടെ എന്ത് ചെയ്തു ശിഷ്യൻ ചിന്താഗുലനായി തന്നിത്രയും എല്ലാം ചെയ്തിട്ടും തനിക്ക് ഫലം ഉണ്ടായില്ലോ അപ്പോ അഗ്നേഹസമൂതിരി ഈ അഗ്നികൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അഗ്നിദേവതകൾ ഇവിടെ യജ്ഞശാലയിൽ ഓരോ സ്ഥലത്തും ഓരോ അഗ്നി സ്ഥാപിച്ചിട്ടുണ്ട് ഓരോ അഗ്നിയും ഓരോ പേരുണ്ട് അഹമനിയും അന്നോഹാരി ഭജനും ഇങ്ങനെ ഓരോ പേരുകളുണ്ട് നിർത്തിക്കിടക്കും ആ അഗ്നി അഭിമാനി ദേവതകളെല്ലാം ൂടി പരസ്പരം പറഞ്ഞു എന്താണ് തപ്തോ ബ്രഹ്മചാരി ബ്രഹ്മചാരി വളരെ ദുഃഖിക്കുന്നുണ്ട് കുശലം നല്ലവണ്ണം നമ്മളെ ഇത്രയും കാലം ശുശ്രൂഷിച്ചതാണ് നശിക്കാതെ സംരക്ഷിച്ചതാണ് നമുക്കൊരു കാര്യം ചെയ്യാം അവന് വേണ്ട വിദ്യ ഉപദേശിക്കാം ഈ ഒരു അവസരമാണ് ഗുരു ഒതുക്കുന്നത് ഒരുക്കിക്കൊടുത്തത് ഗുരു ആഗ്രഹിച്ചെന്താണോ അവനെ താനല്ല ഉപദേശിക്കേണ്ടത് അവന് ഉപദേശം കിട്ടേണ്ടത് ദേവതകളിൽ നിന്നാണ് ഉപദേശം കിട്ടേണ്ടത് അത് ഗുരു അവിടെ നിന്ന് മാറി എന്നാലേ സംഭവിക്കും അപ്പം മറ്റു ശിഷ്യന്മാരെക്കാൾ ശ്രേഷ്ഠമായ വിദ്യ അവന് ലഭിക്കണം അതിന് വേണ്ടിയിട്ടാണ് പക്ഷെ ശിഷ്യൻ ചിന്താകുലനായി ശരിയാണ് പക്ഷേ യോഗ്യനായതുകൊണ്ട് അഗ്നിയുള്ളവനെ ഉപദേശിച്ചു ഉപാസന ഉപദേശിച്ചു സഹോവാച വിജാമ്യഹം യത്ണോ ബ്രഹ്മ കംച്ചുഖം വിജാമീതിയത് വാവക്കം തദോ യം തദവീ ഊച് അവര് പറഞ്ഞു എന്താണോ സനോപാസന അങ്ങനെയാണ് നിർദ്ദേശിക്കുന്നത് കംച ബ്രഹ്മ ഖം ബ്രഹ്മ എന്താണ് അത് കം എന്താണ് ഖം അവർ തമ്മിൽ സംവാദമായി ഗുരുശേഷരൂപത്തിന് പറഞ്ഞാണ് ം ആ പ്രാണം തന്നെയാണ് ആകാശം ഇങ്ങനെ ഉപാസിക്കുന്ന ബ്രഹ്മത്തെ പ്രാണനായി ഉപാസിക്കാൻ ആകാശമായി ഉപാസിക്കാൻ ആനന്ദമായി ഉപാസിക്കാൻ എല്ലാം വേണ്ട നിർദ്ദേശങ്ങൾ അഗ്നി കൊടുത്തു അധഹ്യനം ഗർഹപത്യു അനുശാസ പൃഥിഗ്നി അന്നിത്യേക ആദിത്യേ പുരുഷോ ദൃശ്യത്തെ സോഹം അമീ സ എവാഹമസ്മീതി സ ഏതമേം വിദ്സ് അപഹതേ പാപകൃത്യാം യോഗീഭവതി യോഗ്ജീവതി നശ്യവലപുരുഷാ ക്ഷീയന്ത ഉപവയം തോ അസ് ലോക അമുഷ്മ ഏതേ വിദ്സ് അതം അന്വഹാരപചനോ മനുഷ്യ സ ആപോദിസോ നക്ഷത്ര ചന്ദ്രമാതി ന ഏ ചന്ദ്രമസി പുരുഷോ ദൃശ്യത്തി സോഹമസ്മ സേവാഹമസ്മീതി സേവം വിദ്സ്തേ അപഹതേ പാപകൃത്യാം ലോകീഭവതിർമായുരേതി ജ്യോജീവതി നബലപുരുഷാ ക്ഷീയന്ത ഉപവയം തം ജമോ അസ്മച ോകേ അമുഷ്ച്ച വിവാസ് അതം അഹവിനിയുവാൻശ രാണകാശോ ഓർവിതിയ വിദ്യുതി പുരുഷോ ദൃശ്യത്തെ സോഹമസ്മേ സഹമസ്മീതി സേമമേവം വിദ്സ് അപഹത്തി പാപകൃ ലോകീഭോ സർമായുദീ ഉദ്യോഗ ജീവതി നവരപുരുഷാഹിയ ഉപവയം തോ അസ് ലോകീ അമുഷ് യം വിദ്സ് തേജു ഉപകോസല സോമ്യ തേ അസ്മന്വിദ്യ ആത്മവിദ്യ ചാര്യസ്തു തേതിജാമഹചാര്യോ അഭിവാദ ഉപകോസല ആഹ്വനീയ ഓരോ അഗ്നിയുടെയും പേര് പറയുന്നു ഈ അഗ്നികൾ അന്യാഹാരി ഭനം ആഹനീയം തുടങ്ങിയ അഗ്നി ഉപദേശിച്ചു പ്രാണം ആകാശം ദൗവിദ്യു ആവിദ്യത്തുള്ള പുരുഷൻ അതാണ് നിന്നുള്ള പുരുഷൻ ആദ്യത്തിനുള്ള പുരുഷൻ അതാണ് നിന്നുള്ള പുരുഷൻ എന്നിങ്ങനെ ആത്മതത്വത്തെ ഉപദേശിച്ചു അതിന്റെ ഫലവും പറഞ്ഞു പറഞ്ഞു ഇതാണ് ആത്മവിദ്യ ഉപദേശിച്ചതിന് ശേഷം പറഞ്ഞു എന്താണോ ആചാര്യസ്തത്തെ ജതിംഭക്ത മാർഗം എന്താണോ അത് ആചാര്യം തന്നെ ഉപദേശിച്ചു ഉപാസകന്റെ മാർഗം എന്ന് പറഞ്ഞു അത് പിന്നീട് വളരെ കാലം കഴിഞ്ഞ് ആചാര്യൻ വന്നുചേരുന്ന ഗുലത്തിൽ ഉപഗോസല പണ്ട് സത്യകാമന് സംഭവിച്ചതുപോലെ സത്യകാമനും ഉപഗോസലിനെ ഒരു പരീക്ഷണത്തിനായി അവിടെ വിട്ടിട്ടുപോയി മടങ്ങി വന്ന് ഉപഗോശലിനെ വിളിച്ചു ഭഗവൈതിഹ പ്രതിശുശ്രാവ ബ്രഹ്മവിദൈവ സൗമ്യതീ മുഖം ഭാതി കോന് അനുശസേരിശിഷ്യദ്ധോഹ നൂനം ഈദൃശനാഹ അഗ്നിസ്വമ്യേ അവോചന്തിരിച്ചുവന്നോ സത്യകാമനോട് ഗുരു ചോദിച്ചതുപോലെ ചോദിച്ചു എന്താണ് സൗമ്യത്തെ മുഖം പാതി ബ്രഹ്മവിദൈവ ഓ നിന്നെ നോക്കുമ്പോ നീ ഒരു ബ്രഹ്മജ്ഞാനിയെ പോലെ ശോഭിക്കുന്നുണ്ടല്ലോ അത് തന്നെ പറഞ്ഞത് ആരാണ് നിന്നെ ഉപദേശിച്ചത് ഇനി ആചാര്യന് എന്തെങ്കിലും തോന്നിയാലോ താൻ വേറൊരാൾ നിന്ന് വിദ്യ സ്വീകരിച്ചു എന്ന് കേട്ടുകഴിഞ്ഞാൽ അതുകൊണ്ട് ഇവിടെ എന്ത് കാര്യമോ നടന്നത് അതിനെ ഒളിച്ചു വയ്ക്കുന്നത് പോലെ അപ്പൊ നിഹ്വിനുത ഒളിച്ചു വയ്ക്കുന്നത് പോലെ ആ പ്രത്യേകിച്ച് എന്താണ് എന്നെ ഇന്നാര് ഇന്നത് ഉപദേശമെന്ന് വ്യക്തമായി പറഞ്ഞില്ല അങ്ങനെ സംസാ തെളിച്ചു പറഞ്ഞല്ല എന്നെ ഉപദേശിച്ചു പക്ഷേ ആചാര്യങ്ങളുടെ എന്താണ് ഇമേ നൂനം ഈദൃശ അന്യാദൃശ ഇതീഹ അഗ്നി അപ്പൊ ആചാര്യ അഗ്നികളെ നോക്കിയിട്ട് ഞാൻ പോകുമ്പോൾ ഈ അഗ്നികൾ ഇതുപോലെ ആയിരുന്നില്ല ഈ അഗ്നികളാണ് കള്ളം ചെയ്തിരിക്കുന്നത് എന്റെ അസാന്നിധ്യത്തിൽ ശിഷ്യനെ ഉപദേശിച്ചു അഗ്നികൾ അഗ്നികൾക്ക് ചെറിയൊരു പ്രയാസം തോന്നി ഗുരുവില്ലാത്ത സ്ഥാനത്ത് അസ്ഥാനത്തിൽ ശിഷ്യനെ ഉപദേശിച്ചു ദുഷ്ടോ വിയപ്പോ ദൃശ്യ ദൃശ്യത്തെ അഗ്നികൾ ഇവിടെ സത്യകാമന കണ്ടുപോയി വിറയ്ക്കുന്നത് പോലെ നമ്മൾ ആവശ്യമില്ലാത്തൊരു കാര്യം ചെയ്ത് ഉപദേശിക്കാൻ പോയി ശേഷം എന്നുള്ള രീതി കിംന സൗമ്യകിലത്തെ ആ വോജനം എന്താ കാര്യം മനസ്സിലായി അഗ്നികളാണ് ഇത് ചെയ്തത് അഗ്നികളാണ് ഉപദേശിച്ചത് എന്നാലും ഇത് ആചാര്യനോടുള്ള ധിഖാരമായി പോകുമോ എന്ന് വിചാരിച്ച് ദേവതകൾക്കും ഒരു സംഭ്രമുണ്ടായിരുന്നു ആചാര്യന്റെ അഭാവത്തിൽ ഉപദേശിച്ചില്ലേ എന്താ അവൻതിനോട് ഉപദേശിച്ചത് അപ്പോ കാര്യം മനസ്സിലായി ഗുരുവിനെന്ന് മനസ്സിലായപ്പോ ഉപകോസൽ സമ്മതിച്ചു ആ അഗ്നികൾ ഇന്നെ ഉപദേശിച്ചത് ഇന്നതാണ് പറഞ്ഞത് ഇതം ഇതിഹ പ്രതിജ്ഞ ലോകാൻ പാവകില സൗമ്യത്തെ യദ്ക്ഷ്യാമി പറഞ്ഞു എന്താണോ ശരി എനിക്ക് മനസ്സിലായി നി അഗ്നി ഉപദേശിച്ചു അഗ്നി ലോകങ്ങളെക്കുറിച്ചാണ് ഉപദേശിച്ചത് അടുത്ത് ഞാൻ നിന്നെ ആ ഉപദേശത്തിൻ്റെ പൂർണതയിലെത്തിക്കാം പൂർണമായ ഉപദേശം എന്താണ് അതിൻ്റെ പ്രയോജനം പറയുന്നു യഥാ പുഷ്കര പലാശാഹ ആപ്പൂവിനെ ശിക്ഷൻ്റെ വെള്ളത്തിലെ താമരയിൽ ജനം സ്പർശിക്കാതിരിക്കുന്നു ജനം കുതിർക്കാതിരിക്കുന്നു അതുപോലെ എന്റെ ഉപദേശം കേട്ടുകഴിഞ്ഞാൽ പാപം കർമ്മനുസൃഷ്യന്തിന്റെ പാപകർമ്മങ്ങൾ ബന്ധിക്കത്തില്ല പത്മപത്രം വാംബസ ഗീതയിൽ പറഞ്ഞിരിക്കുന്ന ആ കാര്യമാണ് ഇവിടെയും പറയുന്നത് ഈ ഒരു ദൃഷ്ടാന്തം ഗീതയിൽ വരുന്നുണ്ട് അതുകൊണ്ടാണ് വരെ അവിടെ എന്താണോ ദേവകി പുത്രായ കൃഷ്ണനായ ദേവികി പുത്രനായ കൃഷ്ണൻ ഇത് ഉപദേശിച്ചു എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത്തരം ഭാഗങ്ങൾ വരുന്നു അസംഗതിയും മറ്റും കാണിക്കുന്നു അതുകൊണ്ട് ആ ദേവകി പുത്രനായ കൃഷ്ണൻ പിന്നീട് ഗീതയെ ഉപദേശിച്ചത് ഇത് തന്നെയാണ് അവിടെ ഈ ഇത് പറയുന്നുണ്ടല്ലോ പുഷ്കര പലാശയം ഇതുപോലെ പലഭാവവും വരുന്നു അതും ഇത് തമ്മിൽ ബന്ധമുണ്ട് അവിടുത്തെ ദേവകിപുത്രൻ കൃഷ്ണൻ തന്നെയാണ് എന്നും മറ്റും പറയുന്നുണ്ട് ഈ ഫലത്തെ പറയുന്നുണ്ട് അങ്ങനെ ഗുരുഭകോ സീഡോപദേശിച്ചു അക്ഷണ പുരുഷോ ദൃശ്യത എചേ എതമൃതമഭയം എതദ്ധി തദ്പ്യസ്മൻ സർപ്പർവാ ഉദഗം വിഞ്ചതി വർത്മനിതം वामा य गछता सर्वासमय सर्वाण्यंवासमय सर्वायती सर्वाणी नयती ु भाति येद अथ यद अस््यम कवि जन ते अचिव अर्चिषमे अभी संभव अर्चिष अन्न अन्न आयपक्ष शत उदंगेदी मासान आपूमाणप षट उदंगेती मसासेवत्म संवत्सरादी आदिचंद्रमसमसो विदुत ब्रह्म अमान स्रह्म गेतीषद्देव ്രഹ്മപഥ ഏതേന പ്രതിപദ്മാനാ ഇമം മാനവം ആവർത്തം ഇവിടെ നേരത്തെ അംഗങ്ങൾ പറഞ്ഞു മാർഗം നിനക്ക് ഗുരുപദേശിക്കും എന്ന് പറഞ്ഞു ആ മാർഗത്തെയാണ് ഇവിടെ പറയുന്നത് ഈ മാർഗത്തെ കുറിച്ച് ഇതേ ചർച്ച ചെയ്യുന്നുണ്ട് ഇവിടെ ഉത്തരായണം ദക്ഷിണായണം എന്ന് പറഞ്ഞ രണ്ട് മാർഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അതിവിടെയും വരുന്നുണ്ട് അതാണ് ഗീതയുടെ ഉപദേശവും ഇതുമായിട്ട് ബന്ധമുണ്ട് ഗീതയുടെ ഉപദേഷ്ടാവിനെയാണ് ഇവിടെ കൃഷ്ണൻ പറഞ്ഞത് ആ മാർഗത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഉപാസനയുടെ ഫലമായ മാർഗത്തെ ഇവിടെ പറയുന്നത് തിരിച്ചു വരാത്ത എന്നാണ് ഇവിടെ പറയുന്നത് അത ഇത് ചെയ്യും അസ്മിൻ ശവ്യം കുറവന്തി ഉള്ള പറയുന്നത് എന്താണ് അങ്ങനെ ഒരു ബ്രഹ്മ ഉപാസകന് സംബന്ധിച്ച് അന്ത്യേഷ്ഠി കർമ്മ ചെയ്താലും ചെയ്തില്ലെങ്കിൽ അത് മുഖ്യമല്ല കാരണം അഗ്നിഹോത്രം ചെയ്യുന്നവന് ഇന്ന തരത്തിൽ അന്ത്യേഷ്ഠി കർമ്മം ചെയ്യണമെന്നും അയാൾ അഗ്നിഹോത്രം ചെയ്തുകൊണ്ടിരുന്ന ചമസം ചൂർപ്പം തുടങ്ങിയ സാധനങ്ങളെല്ലാം അയാളുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തും വെച്ച് അഗ്നിയിൽ അപ്പോൾ അത്തരം കർമ്മങ്ങളൊന്നും ചെയ്യണമെന്നില്ല ചെയ്താലും ചെയ്തില്ലെങ്കിൽ ശരി അർച്ചിഷമേവന അർച്ചസിനെ പ്രാപിക്കുന്നു എന്ന് വെച്ചാൽ അർച്ചിരഭിമാനിയായവയെ ദേവതയെ പ്രാപിക്കുന്നു അർച്ചഷോ അഹഹ അവിടെ നിന്നും പിന്നീട് ദിനഭിമാൻ ദേവതയെ പ്രാപിക്കുന്നു അകന ആപൂര്യമാണ് പക്ഷം അവിടെ നിന്നും വെളുത്തപക്ഷഭിമാനിയായ ദേവതയെ പ്രാപിക്കുന്നു ആപൂരിയമാണ് പക്ഷാദ് ഉദങ് ഏതി അവിടെ നിന്ന് ഉത്തരായണ മാസ അഭിമാനിയായ ദേവതയെ പ്രാപിക്കുന്നു താൻ മാസേധ്യ സംവത്സരം അവിടെ നിന്നും സംവത്സര അഭിമാനിയായ ദേവതയെ പ്രാപിക്കുന്നു അവിടെ നിന്ന് ആദിത്യനെ പ്രാപിക്കുന്നു ആദിത്യം അവിടെ നിന്ന് ചന്ദ്രമസം അനപ്പുറം ചന്ദ്രനെ പ്രാപിക്കുന്നു ചന്ദ്രമസവിദ്യുതം അവിടെ നിന്ന് വിദ്യുത് പ്രാപിക്കുന്നു അവിടെ പ്രാപിക്കുമ്പോൾ പുരുഷ അമാനവ ഉള്ള ഒരു അമാനവ പുരുഷൻ വരുന്നു ദേവത ഏതാ ബ്രഹ്മഗമയത്തിനെ ബ്രഹ്മലോകത്തിൽ എത്തിക്കുന്നു യക്ഷ ദേവപഥ ഇതാണ് ദേവമാർഗം ബ്രഹ്മപഥ ഇതാണ് ബ്രഹ്മമാർഗം ഏതിനു പ്രതിപദ്മാന ഇവം മാനവം ആവർത്തം ആവർത്തന്ത ഈ മാർഗത്തിലൂടെ പോകുന്നവൻ പിന്നീട് ഈ മാനവ മാർഗത്തെ മനുഷ്യജന്മത്തെ പ്രാപിക്കുന്നില്ല എന്ന് പറയും അവിടെ ഗീതയിൽ പറഞ്ഞു ആ ബ്രഹ്മപുര ലോകാത് പുനരാവൃത്തിനോ അർജുന മാം ഉപയർത്തിയതു പോകും കഴിയുക അവിടെ ബ്രഹ്മലോകം വരെയുള്ള ഭാഗങ്ങളെ പ്രാപിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരും എന്ന് പറഞ്ഞു ഇവിടെ പറയുന്നത് തിരിച്ചു വരുന്നില്ല മാം ഉപയർത്തിയതു കൊണ്ടു എന്നെ പ്രാപിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരുന്നില്ല അവിടെയും പറയുന്നുണ്ട് തിരിച്ചു വരാത്ത ഒരു സ്ഥാനം അതിനെയാണ് ഇവിടെ പറയുന്നത് ആ ലോകങ്ങളുടെ സ്ഥാനത്തെയും വിട്ടിട്ട് എന്താണ് ബ്രഹ്മഗമേദി ഇവിടെ പറയുന്ന ഈ ബ്രഹ്മം അവിടെയാണ് പറഞ്ഞത് മാം എന്നെ അങ്ങനെ എന്നെ പ്രാപിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരുന്നില്ല ഇതൊരു മാർഗം ഇനി ദക്ഷിണായന മാർഗത്തെ കുറിച്ചും ഈ മാർഗത്തെ ഗുരു ഉപദേശിക്കുന്നു പറയുന്നു ഞാനത് വ്യക്തമായി ഉപദേശിക്കും ഇവിടെ പറയുന്നത് എന്താണോ മറ്റ് പ്രകൃതിയിൽ നിന്നും ദേവതകളിൽ നിന്നും എല്ലാ ഉപദേശങ്ങളും ഒക്കെയാണ് അവിടെയെല്ലാം സഹായം പ്രാപിച്ചാലും ശരി ഒരു ശിഷ്യൻ്റെ യോഗ്യതയനുസരിച്ച് ആത്യന്തികമായി ഗുരുവിൻ്റെ ഉപദേശം അത് വേണം ആ ഗുരുവിൻ്റെ ഉപദേശം കൊണ്ട് മാത്രമേ അത് പൂർണ്ണമാകത്തുള്ളൂ വിദ്യ പൂർണ്ണമാകത്തുള്ളൂ എന്നാണ് എഷ വൈ യോ വതം പുന യയന്തി പുനദി തസ്മാത്ഷവ യനശ്ചാസവർത്തരന്യതരാം മനസ സംസ്കരോതി ബ്രഹ്മ വാച परिधानियाया अद्धरु उगाता अतरा मेवा उपाकृतेवागेरापरिधियाय ब्रह्मवद संस्क्री हीयते अतरा सथेकपाल ब्रजन रधो वैकेन व्रजन रथो वैक्रेण वर्तमति एवं यज्ञ यश्यजम अन्यति पापीया अथ युवागे न पुरा परिधानियाया धानीया व्यवदती उ वर्तनी संस्कृति नीयदे रधो उ्रजन चक्राभ्याम मर्तमानः वर्तमी एवंस्य യജ്ഞ പ്രതിഷതി യം പ്രതിഷന്തം യജമാനോ അനുപ്രതിഷതി സ ഇഷ്ട ശ്രേയാൻഭവതി പ്രജാപതിർ ലോകാന്നഭ്യതപദ്ൃഹദ് അനി പൃഥിവ്യ വായു അന്തരി തിസ്രോ ദതപ്യനാ പ്രാവേരചോ വായൂംഷിമാന സേതന്ത്രയീം വിദ്യ तस्या अभ्यतव तप्यमस्यो भुवितजुर्भ्य स्वरदिशाभ्यक्त बोहुस्वाहेदी गर्भवती जुहूयाचा तद्रस ീര്യ ഋചം യജ്ഞ വിരിഷ്ടം അധ യജുഷ്ടോഷ്യേ ഭഹേതി ദക്ഷിണഗുഹൂജാമേ തദൃസേന യജുഷാ വീര്യണയജുഷാ യം സ അഥയതി സാമതോഷ്യേ സഹസ്വഹേതി ആഹവനിയേജൂ സാമ്പമേ തദ്രസേന സാമനേണ സാ യം സന്ദ ലവണന സുവർണം സന്ദധ്യാ സുവർണന രജതം രജതേന പ്രപ്പു തൃപുണ സീസം സീസേന ലോഹം ലോഹേന ദു ദർമ്മമേതാം ലോക ആസാം ദയ്യ വിദിഷ്ടം സന്ദേഷം വിൽ भवति ഉത്ത പ്രവണോ യോ എത്രംവിതിയംവിധം ഹ്രഹം അനുദാധ യോ എദർത്ത മാനവോ ബ്രഹ്മവേക കീർത്തി കൂരൂന് അശ്വാക്ഷത്തിജമാനം സർവാം സൃത്ജോ അഭിരക്ഷതി കസ്മാവിദ് ബ്രഹ്മീ നൈവംവിധം നീ യോ വൈ ജ്യേഷ്ട്രേം ചേദ ജ്യേഷ വൈ ശ്രേഷേശ്ചവതി പ്രണോ വാവജ്യേശ്ചേശ്ചയോ വൈ വസിം വേദ വസിഷോസ്വാതി വാഗ്ഭാവ വോ വൈ പ്രതിഷം വേദ പ്രതിഹ തിഷ്ടസ് ലോക ചുർ പ്രതിഷാ യോഗ വൈ സമ്പസ്മൈ കാസ്ഥുഷാശ്രോത്രം വോഹവാ ആയതം വേദ ആയതാതി മനോഭവ ആയതം അധ പ്രാണംശ്രേയസീവ്യൂതിരി അഹംശ്രയാ അസ്മ്യഹം ശ്രേയാനീ ഇത് ഇത് ഉപാസനയുടെ ഭാഗമാണ് എന്നാലിത് പല ഭാഗങ്ങളും വരുന്നതാണ് പ്രാണസംവാദം എന്ന് പറയുന്നത് ഇതിനെ കുറിച്ചും ബ്രഹ്മസൂത്രത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട് ഇതിനകത്ത് പറഞ്ഞ പല ബ്രഹ്മസൂത്രത്തിൽ ചർച്ച ചെയ്യുന്നതാണ് പ്രാണസംവാദം എന്ന് ഇന്ദ്രിയങ്ങളുടെ സംവാദം ഒരിക്കലും ഇന്ദ്രിയങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് പരസ്പരം മഴക്കുണ്ടാക്കി നാം എന്താണ് നമ്മളിൽ ആരാണ് ശ്രേഷ്ഠൻ ദേഹപ്രാണ പ്രജാപതി പൂജു ഭഗവൻ കോണശ്രേഷ്ഠാച ഉത്ാന്തേ ശരീരം പാപിഷ്ടവ ദൃശ്യ സവശ്രേഷ്ഠ ഇതിയങ്ങൾ തമ്മിലെപ്പോഴും വഴക്കായിരുന്നു നമ്മളിൽ ആരാണ് ശ്രേഷ്ഠൻ അങ്ങനെ അവസാനം അവരെല്ലാവരും കൂടി ചേർന്ന് പ്രജാപതിയിൽ എടുത്തുപോയി ഭഗവാൻ കോ നശ്രേഷ്ഠ ഞങ്ങളിൽ ആരാണ് ശ്രേഷ്ഠനായിരിക്കുന്നത് പറഞ്ഞു നിങ്ങളിൽ ആരാണോ ഈ ശരീരം വിട്ടുപോകുമ്പോൾ ഈ ശരീരം പാപിഷ്ടരമിവ ഈ ശരീരം ചീഞ്ഞു മാറുന്നത് അവനാണ് ശ്രേഷ്ഠൻ ആര് പോയാലാണോ ശരീരത്തിന് കേട് സംഭവിക്കുന്നത് അവൻ ശ്രേഷ്ഠൻ പോയി പറയുന്ന എന്താണ് പ്രാണന്റെ ഉത്കൃഷ്ടതേ കാണിക്കാൻ വേണ്ടി പ്രാണോപാസനയ്ക്ക് വേണ്ടി പറയുന്ന സഹ വാഗുചാമ സ സംവത്സരം പ്രോഷ്യ പരിയുവാച കഥമൃതമീവിതമിതിയതന്ദ്രാണേന പശ്യന്ത ചക്ഷുഷന്തശ്രോത്രേണന്ത മനസമേവമതി ഇത് പ്രജാപതി പറഞ്ഞു ആരാണോ ഈ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നു അവൻ വിട്ടുപോകുമ്പോൾ ശരീരം നശിക്കുകയാണെങ്കിൽ അവൻ ശ്രേഷ്ഠൻ ഇത് കേട്ട് എന്ത് ചെയ്തു വാക്ക് ശരീരത്തിൽ നിന്ന് വിട്ടുപോയി സംവത്സരം പ്രോഷ്യോ ഒരു വർഷം പുറത്ത് താമസിച്ച് ശരീരമായിട്ടൊരു ബന്ധമില്ല തിരിച്ചു വന്ന് ചോദിച്ചു കഥ അശ എന്ന കൂടാതെ നിങ്ങളെല്ലാം ഈ ശരീരത്തിൽ കഴിഞ്ഞത് അവര് പറഞ്ഞു യാതൊരു പ്രശ്നം ഉണ്ടായില്ല എന്തുകൊണ്ട് യഥാകലാപതം എന്താ ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റിയില്ല അത്രമാത്രം പിന്നെയോ പ്രാണനുണ്ടായിരുന്നതുകൊണ്ട് പ്രാണനം നടന്നു കണ്ണുണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ കണ്ടു ശിവിയുണ്ടായിരുന്നു കേട്ടു മനസ്സുകൊണ്ട് ചിന്തിച്ചു വേറെ ഒരു തകരാറും പറ്റിയില്ല ഉടൻ എന്ത് ചെയ്തു വാക്കു തിരിച്ചങ്ങ് ശരീരത്തിൽ പ്രവേശിച്ചു അപ്പൊ താനല്ല മനസ്സിലായി ചക്ഷുഹ ഉച്ചക്രമാ സംസംസരം പ്രോഷ്യ പര്യേതി ഉഗത ഹൃതയുമതി യഥാത്യന്ത പ്രാണന്താണേന വദന്തോ വാച ശൃന്തോത്രേണന്തോ മനസേം പ്രവിശ ഉടനെ ചക്ഷുരേന്ദ്രിയം വിട്ടുപോയി അതും പോയി ഒരു വർഷം പുറത്തൊക്കെ കറങ്ങി നടന്നിട്ട് തിരിച്ചു വന്ന് ചോദിച്ചു എങ്ങനെയായിരുന്നു കഥം അശ്രദ്ധ ജീവിതം നിങ്ങളെല്ലാം എങ്ങനെ ഇതിനകത്ത് കഴിഞ്ഞു പറയുന്നു യഥാ അന്താഹ അന്ധന്മാരെ പോലെ പ്രാണനുണ്ടായിരുന്നു അതുകൊണ്ട് അതിൻ്റെ പ്രവൃത്തി നടന്നു വാക്കുണ്ടായിരുന്നു അതുകൊണ്ട് നിങ്ങൾ സംസാരിച്ചു ചിവി ഉണ്ടായിരുന്നു കേട്ടു മനസ്സുകൊണ്ട് ചിന്തിക്കുകയും ചെയ്തു ഇത് കേട്ടപ്പോ ചക്ഷേന്ദ്രിയവും തിരിച്ചു പ്രവേശിച്ചു അവന് മനസ്സിലായി ഞാനല്ല പലത് അടുത്ത് ശ്രോത്രം ഹോ ശ്രോത്രം ഉച്ചക തരം പ്രോഷ്യ പരേതി ഉവാച കഥമതകൃത്തെ മജ്ജീവിതമതിയധിരാ അശന് പ്രണന്ദപ്രാണേന വദന്തോ ഉച്ച പശ്യന്ത ചുഷ്യോ മനസേതി പ്രവിശ്രസ്രോത്രം ചോദിച്ചു ശ്രോത്രം ഇത് കേട്ടിട്ട് ഇറങ്ങിപ്പോയി ഒരു വർഷം പുറത്തും കറങ്ങി തിരിച്ചു വന്ന് ചോദിച്ചു നിങ്ങളെല്ലാം എങ്ങനെ ഇവിടെ കഴിഞ്ഞു പറയുന്നു എങ്ങനെയാണോ ബധിരന്മാർ പോലെ നിങ്ങൾ കേൾക്കാതെ കഴിഞ്ഞു പക്ഷെ പ്രാണനുണ്ടായിരുന്നു വാഗേന്ദ്രിയ ഉണ്ടായിരുന്നു ചക്ഷിരേന്ദ്രിയ ഉണ്ടായിരുന്നു മനസ്സ് ചിന്തിച്ചു തകരാറൊന്നും സംഭവിച്ചില്ല മനോഹച്ചക്രാമസംവസരം പുറഷ്യ പരിയേതി കഥം അശകഥീവിതമിതി യഥാ ബാല ആ മനസന്താണേന വതന്തോ വാച പശ്യന്ത ചക്ഷുഷന്തോണ ഏവമിതി പ്രവിവേശകമന ഉടൻ മനസ്സ് വിട്ടുപോയി അതും ഒരു വർഷം പുറത്തെല്ലാം അങ്ങിറങ്ങി തിരിച്ചു വന്ന് ചോദിച്ചിരുന്നു അവർ പറഞ്ഞൊന്നും സംഭവിച്ചില്ല എന്തുകൊണ്ടാണ് എങ്ങനെയാണോ ബാലന്മാർ കൊച്ചു കുഞ്ഞുങ്ങൾ ചിന്തിക്കാതിരിക്കുന്നത് അവർക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ലല്ലോ അതുപോലെ ഞങ്ങൾ ചിന്തിച്ചില്ല പക്ഷെ പ്രാണനുണ്ടായിരുന്നു അതിന്റെ പ്രവൃത്തി നടന്നു വാക്ക് സംസാരിച്ചു കണ്ണ് കണ്ടു ചെവി കേട്ടു ഇത് പറഞ്ഞപ്പോൾ മനസ്സും തിരിച്ചു പ്രവേശിച്ചു അധ പ്രിക്രമയ പീശോൻ സംഹിതേം ഇതരാൻ പ്രാണാൻ സമഖിഥം ശ്രേഷ്ഠ അത് കഴിഞ്ഞ് പ്രാണൻ അടുത്ത് പ്രാണന്റെ ഊഴം വന്നു അവസാനമാണ് പ്രാണനോ ശരീരം വിട്ടു പോകാൻ തുടങ്ങിയതും എന്താണ് യഥാസുഖ്യ നല്ലൊരു കുതിര ആരോഗ്യമുള്ള ഒരു കുതിര എന്താണോ പട്ബി സങ്കൂൺ അതിനെ കാലിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു നല്ല ആരോഗ്യമുള്ള ഒരു െ പരീക്ഷിക്കുന്നതിന് വേണ്ടി അതിനെ ചാട്ട കൊണ്ടടിച്ചു അപ്പൊ കാല് കുറ്റി അടിച്ചു കെട്ടിയിരിക്കുകയാണ് പഡ്വീ ശങ്കൂൻ എന്നു പറയുന്നത് കുതിര സാറിനും കെട്ടി കുറ്റി അടിച്ച് കെട്ടും എന്നിട്ട് കുതിരയുടെ ശക്തി പരീക്ഷിക്കുന്നതിന് വേണ്ടി കുതിരയേക്കുന്നതാണ് ചാട്ട കൊണ്ട് അതിനടിച്ചപ്പോ എങ്ങനെയാണോ ആ കുതിര ആ കുറ്റിയെ പറഞ്ഞു അതുപോലെ സംഹിതേ എങ്ങനെയാണിത് വലിച്ച് പിഴുന്നത് ആ കുറ്റി വലിച്ചു പിഴുന്നത് അതുപോലെയും ഇതിരാൻ പ്രാണാൻ സമഹിതന്തം പ്രാണൻ എങ്ങനെയാണോ ഈ ശരീരത്തിൽ നിന്നും വിട്ടുപോകാൻ തുടങ്ങിയത് അപ്പോ എങ്ങനെയാണോ ഒരു കുതിര അതിന്റെ കാലിൽ കെട്ടിയിരിക്കുന്ന കുറ്റിയെ പറിക്കുന്നത് പറിച്ചു ഓടാൻ ശ്രമിക്കുന്നതുപോലെ എല്ലാ ഇന്ദ്രിയങ്ങളുടെയും കുറ്റി പറിച്ചു എല്ലാ ഇന്ദ്രിയങ്ങളും ശരീരത്ത് വിടാൻ തുടങ്ങി തേ പ്രാണസഞ്ചാരിത അതെല്ലാം സ്വസ്ഥാനത്ത് നിളകാൻ തുടങ്ങി പ്രാണൻ വിട്ടുപോയപ്പോൾ അതെല്ലാം സംഭ്രമിച്ചു ഭയന്നു അവർക്ക് മനസ്സിലായി ഈ പ്രാണൻ പോയി കഴിഞ്ഞാൽ ഈ ശരീരവുമായിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും ബന്ധം അവസാനിക്കും എല്ലാവരും അഭിസമയത്യ പിന്നെ കൂടുതൽ പരീക്ഷണത്തിനൊന്നും അവർ തയ്യാറായില്ല എല്ലാവരും കൂടി ഒരുമിച്ചുകൂടി ഊച്ചഭൂ പ്രാണനോട് പറഞ്ഞു ഭഗവൻ ഞങ്ങളെല്ലാവരും അംഗീകരിച്ചിരിക്കുന്നു ത്വം നഹശ്രേഷ്ഠ നീയാണ് ഞങ്ങൾ ശ്രേഷ്ഠൻ ഇനിയൊരു പരീക്ഷണം വേണ്ട മാ ഉക്രമീ ശരീരം വിട്ടു പോകരുത് പോയിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കെല്ലാം ഈ ശരീരം വിട്ട് പോകേണ്ടിവരും കാരണം മുമ്പ് ഓരോ ഇന്ദ്രിയങ്ങളായും മനസ്സുൾപ്പെടെ ശരീരം വിട്ടു പോയിട്ടും ഒന്നും സംഭവിച്ചില്ല പക്ഷെ ഇവിടെ പ്രാണൻ ഒറ്റയ്ക്ക് ശരീരം വിട്ടുപോകാൻ തുടങ്ങിയപ്പോൾ അത് കുതിര കുറ്റി പറിക്കുന്നതുപോലെ ഈ ശരീരത്തിൽ നിന്ന് സർവ്വ ഇന്ദ്രിയങ്ങളുടെയും ബന്ധത്തെ പറിച്ച് കളയുന്നതായി ഇന്ദ്രിയങ്ങൾക്ക് അനുഭവപ്പെട്ടു അവർ പോയി പറഞ്ഞു എന്താണ് അങ്ങാണ് ശ്രേഷ്ഠൻ എന്ന് പറഞ്ഞിട്ടടുത്ത് ഓരോ ഇന്ദ്രിയങ്ങളും ഈ പ്രാണന സ്തുതിക്കുകയാണ് ഇവിടെ പറയുന്ന എന്താണ് പ്രാണോവാസനയുടെ മഹത്വത്തെ കാണിക്കുകയാണ് പ്രാണശിരഷ്യനാണ് അധഹീനം വാഗുവാച യം വസിനം ചുരുവാച യദം പ്രതിഷ്ഠാസ്മി ത് പ്രതിഷ്ഠാസീതി അധഹേനം ശ്രോത്രവാച യദം സമ്പത്ത് തത്സംപതീ തദ്ഹേനം മനോവാച യഹം ആയതനമസ്മ നമസീതി നൈ വാചോ നക്ഷൂംഷി നോത്രംസീക്ഷ ആഗക്ഷത്തെ പ്രാണുഹ്യേതീ അതുകൊണ്ടെന്താണ് പറയുന്നത് ഓരോ ഇന്ദ്രിയങ്ങളും പറയുന്നു ചക്ഷു പറയുന്നു ഞാൻ പ്രതിഷ്ഠയാണ് അത് നീയാണ് ശ്രോത്രം പറയുന്ന എന്താണ് ഞാൻ സമ്പതാണ് അത് നീയാണ് അങ്ങനെ എല്ലാ ഇന്ദ്രിയങ്ങളും പറയുന്നു എന്നിൽ എന്തെല്ലാം മഹത്വമുണ്ടോ അതെല്ലാം നിൻ്റേതാണ് അതുകൊണ്ട് നമ്മൾ പറയുന്ന എന്താണ് ഇതെല്ലാം പ്രാണനാണ് മനസ്സുൾപ്പെടെയുള്ള എല്ലാ ഇന്ദ്രിയ രൂപത്തിനും ഇരിക്കുന്നത് ഈ പ്രാണൻ തന്നെയാണ് അതുകൊണ്ട് പ്രാണൻ ഈ ശരീരത്തിൽ ശ്രേഷ്ഠനാണ് ആ പ്രാണൻ തന്നെയാണ് പ്രജാപതിയായിരിക്കുന്നത് അതുകൊണ്ട് ആ പ്രാണനെ ഉപാസിക്കുക ആ പ്രാണോപാസനയുടെ ഫലമാണ് ബ്രഹ്മലോകപ്രാപ്തി അത് പറയുന്നതിന് വേണ്ടിയിട്ടാണ് എന്തിനും പ്രാണന് ഉപാസിക്കുന്ന അതിന്റെ ശ്രേഷ്ഠത എന്താണ് അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്